അത് സുലൈമാൻ അലി ഹിസ്ലാമിന് ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എനിക്ക് ധനം നൽകുകയാണോ അള്ളാഹു സുബെഹാനഹുവത്തായാല എനിക്ക് നൽകിയത് നിങ്ങൾക്ക് നൽകിയതിനേക്കാൾ ഉത്തമമാണ് എന്നാൽ നിങ്ങളുടെ സമ്മാനത്തിൽ നിങ്ങൾ സന്തോഷിക്കുകയാണോ